സാധാരണയായിട്ട് നമ്മൾ എന്ത് വിഷയം മറ്റുള്ളവരെ അറിയിക്കുകയാണെങ്കിലും ഭാഷയുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഭാഷയിലൂടെയാണ് അല്പ ആലോചിച്ചാൽ ചെറിയ കുട്ടികൾ പോലും ചിലപ്പോൾ സംശയം ചോദിക്കും പക്ഷികളും മൃഗങ്ങളുമൊക്കെ എങ്ങനെ പരസ്പരം അറിയിക്കുന്നു അവരേകദേശം ഒരേ ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഭാഷയുണ്ടോ നമ്മളുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ സ്ഥൂലമാണ് നമ്മൾ ഒരു രൂപം കൊടുത്തതാണ് വാക്കുകളായിട്ടും മറ്റുമൊക്കെ യഥാർത്ഥത്തിലുള്ള വിനിമയം ആശാവിനിമ ആശയവിനിമയം ഭാഷയിലൂടെ നടക്കുന്നതിനേക്കാളും പ്രബലമായിട്ട് പലപ്പോഴും മുഖഭാവം കണ്ടിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും വായ കൊണ്ട് ചിലപ്പോൾ വേറെ വലുതൊക്കെ പറഞ്ഞാലും മുഖഭാവം കണ്ട് മനസ്സിലാക്കും യഥാർത്ഥത്തിൽ നമ്മളുടെ ശബ്ദത്തിന് നാല് തലങ്ങളുണ്ട് പരാപശന്തീ മധ്യമാവൈഖരി എന്തെങ്കിലുമൊക്കെ പറയുന്നതിനു മുമ്പ് നിശ്ചലമായ ഒരു സ്ഥിതി ആ നിശ്ചലതയിൽ ചെറിയ ഒരു ചലനം ആ നിശ്ചലമായ സ്ഥിതിയെ പരാസ്ഥിതി എന്ന് പറയുന്നു ചെറിയ ചലനം ഏർപ്പെടുന്നു അപ്പൊ നമുക്കറിയുന്നു ഒരു അർജ്ജ എന്തോ പറയാനുള്ള ഒരു ചലനം പിന്നെ അതിനെ വാക്കിന്റെ രൂപത്തിൽ ആക്കുന്നതിനു മുമ്പ് ഒരു രൂപം മധ്യമാ വാക്ക് രൂപത്തിൽ പുറമേക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വൈഖറി ആ വൈഖരി ശബ്ദത്തിനെ തന്നെയാണ് നമ്മൾ ഭാഷയാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കൊച്ചുകുട്ടികൾ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ശബ്ദം മാത്രമായിരിക്കും പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെ കാണുന്ന പോലെ ഈ ശബ്ദം എവിടെ നിന്നും പുറപ്പെടുന്നു നിശ്ചലതയിൽ നിന്നും പുറപ്പെടുന്നു നിശ്ചലതയുടെ പേരക്കുട്ടി എന്ന് പോലും പറഞ്ഞാൽ പോരാ അതിന്റെയും പുത്രൻ കൊള്ളു പേരും വാക്ക് നമ്മൾ പറയുമ്പോൾ നിശ്ചലതയുടെ നിന്നും എത്രയോ ശക്തി കുറഞ്ഞിട്ടാണ് വാക്കിന്റെ രൂപത്തിൽ പുറത്തുവരുന്നത് പുറമേക്കുള്ള വിഷയങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഈ ഭാഷ പ്രയോജനപ്പെടും പക്ഷേ ആന്തരികമായ അനുഭവത്തിനെ പ്രത്യേകിച്ചും ആത്മാനുഭവത്തിനെ പറയാൻ ഭാഷയേക്കാളും ഒക്കെ തന്നെ വളരെ പ്രബലമായ ഒരു വഴിയാണ് മൌനം മൗനത്തിലൂടെ പ്രകടിപ്പിക്കാവുന്ന പോലെ ഭാഷ കൊണ്ട് സാധ്യമല്ല എന്നാണ് എന്നുവെച്ചാൽ അപ്പം ജ്ഞാനികൾ എല്ലാവരും മിണ്ടാതിരിക്കണുമായിരുന്നു അല്ലെ മൗനത്തിലൂടെ മാത്രമേ പറയാൻ പാടുള്ളൂ എങ്കിൽ ജ്ഞാനികൾ എല്ലാവരും മിണ്ടാതിരിക്കണുമായിരുന്നു അങ്ങനെയല്ല പലരും നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരുന്നുണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നുണ്ട് സംവദിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട് അവര് വാക്കുകൾ പ്രകടിപ്പിക്കുമ്പോഴും ഈ മൌനത്തിന്റെ രസം ചോർന്നുപോവാതെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് ആ വാക്കുകൾ പ്രയോജനപ്പെടുന്നത് വാക്കുകള് വെറും വായിൽ നിന്നല്ല വരുന്നത് ആ മൌനത്തിന്റെ രസം പേറിക്കൊണ്ടാണ് വരുന്നത് സാധാരണ മനുഷ്യന്റെ വാക്കുകൾ ഒന്നിൽ വായി നിന്ന് വരും വായി നിന്ന് പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട് സാധാരണ നമ്മള് പറയുന്ന എൺപത് ശതമാനം എങ്ങനെ ഇരിക്കുന്നു സൗഖ്യമല്ലേ കുട്ടികളെവിടെയാണ് ജോലിയായോ ഒന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല സീരിയസുമല്ല സിൻസിയറായിട്ടും അല്ല വെറുതെ വായ കൊണ്ടുള്ള ചോദ്യം അവർ പറയുന്ന മറുപടിയൊന്നും നമ്മൾ കേൾക്കൂല്ല വെറും വായ കൊണ്ടുള്ള ചോദ്യം ചിലത് അപൂർവം മനോമണ്ഡലത്തിൽ നിന്നും വരും കഴിഞ്ഞു ചിലത് ബുദ്ധിയിൽ നിന്നുമൊക്കെ വരും ചില ചൊവ് അത്രയൊക്കെ കഴിഞ്ഞു അതിന് ചുവട്ടില് എന്താ ഈ ബോർ നടത്തിയിട്ട് വെള്ളം അടിത്തലത്ത് മണ്ണിന്റെ അടിത്തലത്ത് വെള്ളം കൊണ്ടുവരുന്ന പോലെ ജ്ഞാനികൾ അതാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് അതാണ് ആകാശത്തിലോടുന്ന ഗംഗയെ ഭൂമിയിൽ ഓടാൻ വയ്ക്കാം ആകാശത്തിൽ ഒഴുകുന്ന ഗംഗയെ ഭൂമിയിൽ ഒഴുകാൻ വയ്ക്കാം അതേപോലെ ചിതാകാശത്തിലുള്ള അനുഭൂതിയെ വാക്കിന്റെ തലത്തിലേക്ക് കൊണ്ടുവരിക അത് ഭഗീരഥ പ്രയത്നമാണ് അതെന്തിനാ എല്ലാവർക്കും മോക്ഷത്തിലുള്ള ഒരു സോപാനപംക്തിയായിട്ട് മാറുവത് അപ്പൊ നിശ്ചലതയിൽ നിന്നും വാക്കുകൾ ഉറവെടുക്കുന്നു ചരി വാക് പരിമിതാപദാനി താനിവിതുർ എ ബ്രാഹ്മണ എ മനീഷിണ വാക്കിന് നാലു പാദങ്ങളുണ്ട് അതിൽ ാമത്തെ ഒരേ ഒരു പാദം മാത്രമാണ് നമ്മൾ സാധാരണ പ്രയോജനപ്പെടുത്തുന്നത് ബാക്കി മൂന്ന് പാദങ്ങളും അടങ്ങിക്കിടക്കും നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ പഠിച്ചാലും നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും ഒക്കെ ഈ ഇന്റലക്ച്വൽ പ്ലെയിൻ ആൻഡ് മെന്റൽ പ്ലെയിൻ അതുകൊണ്ടാണ് നമ്മളുടെ സയൻസും സൈക്കോളജിയും ഒക്കെ തന്നെ ലിമിറ്റഡ് പ്ലെയിനിലേ നിൽക്കുള്ളൂ നിൽക്കാൻ ഒക്കു ഫിസിക്കൽ സയൻസ് ആൻഡ് മാനസികമായ ശാസ്ത്രം മനഃശാസ്ത്രം ഇതൊക്കെ തന്നെ ലിമിറ്റഡ് പ്ലെയിനിലെ നിൽക്കുകയുള്ളൂ അതിൽ വേറെ അതിനെ കടക്കാൻ ഒക്കില്ല സാധ്യമല്ല അതൊക്കെ ലിമിറ്റഡാണ് പരിച്ഛിന്നമാണ് അതിന് അതിൽ കൂടുതൽ ആഴത്തിൽ അതിന് പോകാനൊക്കില്ല അതുകൊണ്ടാണ് അതിന് ഒരു പൂർണ്ണത ഒരു സമ്പൂർണത ഒരിക്കലും തരാൻ സാധ്യമല്ല പ്രത്യേകിച്ച് ആധ്യാത്മിക മണ്ഡലത്തിൽ നമ്മളുടെ ഫിസിക്കലും മെന്റലുമായിട്ടുള്ള അറിവുകളൊക്കെ തന്നെ വളരെ ലിമിറ്റഡ് ആണ് നമ്മൾ എത്ര തന്നെ പഠിച്ചാലും അറിഞ്ഞാലും അതൊക്കെ ഒരു പെർസെന്റേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് അനുഭൂതിയുടെ മണ്ഡലത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു അത് നിശ്ചലതയുടെ മണ്ഡലമാണ് ആ നിശ്ചലത നുഭവിച്ചാൽ വാക്കുകൾ പറഞ്ഞാലും ആ നിശ്ചലത നഷ്ടപ്പെട്ടു പോകുന്നു ആ നിശ്ചലതെ അകമയ്ക്ക് അനുഭവിച്ച ആള് മിണ്ടാതിരുന്നാലും അതെ പറഞ്ഞാലും അതെ അതിന് പവറുണ്ടാവും അതാണ് പാൾബ്രിണ്ടൻ രമണമഹർഷിയെ കുറിച്ച് പറഞ്ഞു ഹിസ് സൈലൻസ് ഈസ് മോർ എലക്വന്റ് ദാൻ ഹിസ് വേർഡ്സ് അദ്ദേഹത്തിന്റെ നിശ്ചലത അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മാധുര്യമുണ്ട് വാക്കുകൾക്ക് യുക്തിയുണ്ട് എങ്കിലും ആ വാക്കുകളെക്കാളും എത്രയോ പ്രബലവും ആശയവിനിമയം ചെയ്യുന്നതിൽ ശക്തിയുള്ളതുമാണ് അദ്ദേഹത്തിന്റെ മൌനം എന്നാണ് ഫോഴ്സ്ഫുള്ളായിട്ട് അത് അകമയ്ക്ക് കിടക്കുന്നു ആ നിശ്ചലത ആ നിശ്ചലതയുടെ ഒരു പ്രതീകമാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തി എന്നുവെച്ചാൽ നമുക്ക് സാധാരണ ഉടനെ വാക്കിന് അർത്ഥം വരുന്നത് ദക്ഷിണദിഖിനെ നോക്കിയിരിക്കുന്ന ഒരു രൂപം ശിവക്ഷേത്രത്തിലൊക്കെ കാണാം ദക്ഷിണദിഖിൽ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ ദക്ഷിണാഭിമുഖമായിട്ട് അതിനാദ്യം സ്ഥൂലമായ അർത്ഥം പറഞ്ഞാൽ എപ്പം ഈ ദക്ഷിണദിഖ് എല്ലാവർക്കും പേടിയാണ് യമന്റെ ഭാഗമാണ് തെക്കോട്ട് തിരിഞ്ഞിരിക്കരുത് തെക്കോട്ട് നോക്കരുത് തെക്കോട്ട് തലവെച്ച് വടക്കോട്ട് നോക്കി കിടക്കാം എന്താന്ന് വെച്ചാൽ തെക്കോട്ട് നോക്കണില്ല അതുകൊണ്ടാണ് എന്താ ഈ തെക്കിനെ പേടിയെന്ന് വെച്ചാൽ യമന്റെ സ്ഥാനം മൃത്യു ബട്ട് അൺലെസ് യു ഫേസ് ദറ്റ് യു വിൽ നവർ ട്രാൻസ്ജെൻഡ് ദറ്റ് മരണത്തിനെ ിട്ടില്ലെങ്കിൽ മരണത്തിനെ കടക്കാനേ സാധ്യമല്ല മരണത്തിനെ അഭിമുഖീകരിച്ചിരിക്കുന്ന ആളാണ് ഗുരു അതാണ് ഭാഗവതത്തിൽ പരീക്ഷിച്ച് മരണത്തിന് മുമ്പിൽ കണ്ടപ്പോഴാണ് സദ്ഗുരുവിന്റെ ആവശ്യം അപ്പൊ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മൂർത്തി എന്നുള്ളതിന് അങ്ങനെയും അർത്ഥം മൃത്യുവിനെ നോക്കിയിരിക്കുന്ന ആള് മറ്റൊരർത്ഥം ദക്ഷിണ എന്ന് വെച്ചാൽ എന്നർത്ഥം ദക്ഷിണാ ദക്ഷിണ എന്ന് വെച്ചാൽ സുരേശ്വരാചാര്യർ അങ്ങനെയാണ് അർത്ഥം പറയുന്നത് ആത്മസ്ഫൂർത്തിശക്തി എന്നൊക്കെ അർത്ഥം ഭാഗവതത്തിൽ ദക്ഷിണ എന്നുള്ള വാക്കിനെ ഏകാദശത്തിന് ദക്ഷിണാ ജ്ഞാനസന്ദേശ എന്നർത്ഥം ദക്ഷിണ എന്നുവെച്ചാൽ ജ്ഞാനം എന്നർത്ഥം ഈ ജ്ഞാനപ്രസരം തന്നെ ദക്ഷിണ ഒരു പുഷ്പത്തിൽ നിന്നും സുഗന്ധം വരുന്ന പോലെ ജ്ഞാനം എന്നു വെച്ചാൽ അറിവ് എന്നുള്ള സാധാരണ അറിവ് എന്നുള്ള അർത്ഥമല്ല ഇന്റലക്ച്വൽ സ്റ്റഫിങ് നോളജ് എന്നുള്ള അർത്ഥമല്ല ജ്ഞാനം എന്നുവെച്ചാൽ ബോധ ജ്ഞാപകമാണത് അതായത് സൂചനയാണ് പുറമേ നിന്നും ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് വളരെ ഘനീഭവിച്ചതാണ് അത് സമ്പൂർണത്തിന്റെ പ്രസരമാണ് അപ്പൊ ജ്ഞാനം സ്വരൂപമായിട്ടുള്ള മൂർത്തി എല്ലാ ഗുരുവും ദക്ഷിണാമൂർത്തിയാണ് ദക്ഷിണാന്ന് വെച്ചാൽ ജ്ഞാനത്തിനെ പ്രസരിപ്പിക്കുന്ന മൂർത്തി എന്നർത്ഥം വാക്കുകളിലൂടെ വേണമെന്നില്ല നിരന്തരം ഒരു പുഷ്പത്തിൽ നിന്നും സുഗന്ധം എന്ന പോലെ ഈ സത്യം കണ്ടെത്തിയ ആള് അവരുടെ ഹൃദയത്തിൽ സദാ അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കും ഒരു മഹാത്മാ വളരെ ശക്തമായിട്ട് അദ്ദേഹം ഒരു ലക്ഷണം പറഞ്ഞു അനുഭവിച്ച ഒരു സദ്ഗുരുവിന്റെ സന്നിധിയിൽ നമുക്ക് സാധാരണ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെയാണോ പ്രവർത്തിക്കാം ടി വി കാണാനിരുന്നാൽ മനസ്സ് പ്രവർത്തിക്കും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും ഒരാളെ കാണുമ്പോൾ അതുപോലെ ഈ അനുഭവജ്ഞാനികളുടെ സന്നിധിയിലിരിക്കുമ്പോ മനസ്സും ഇന്ദ്രിയങ്ങളും അല്ലാതെ വേറെ ഒന്ന് ഗർഗർ ഗർ ഗർ ഗർഗർ എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ് അനദർ പ്ലെയിൻ ഓഫ് റെക്കഗ്നിഷൻ അനുഭൂതിയെ തായിട്ടുള്ള ഒരു മണ്ഡലം അകമേക്ക് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഹൃദയ കേന്ദ്രം ആ ഹൃദയ കേന്ദ്രത്തിനെ ഉണർത്തിവിടുന്ന പ്രസരം ജ്ഞാനപ്രസരം ഏതൊരു കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാവുന്നുവോ അത് ദക്ഷിണാമൂർത്തിയാണ് അദ്ദേഹം ദക്ഷിണാമൂർത്തിയല്ല ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തി ഈ അവതാരമായിട്ട് ദക്ഷിണാമൂർത്തി സ്വരൂപത്തിന് അവതാരമായിട്ട് പുരാണങ്ങൾ പറയുന്നത് സതിയെ വിട്ടുപിരിഞ്ഞപ്പോ ദക്ഷയാഗ സന്ദർഭത്തിൽ സതിയെ വിട്ടുപിരിഞ്ഞപ്പോൾ ശിവൻ സതി ദേഹത്യാഗം ചെയ്തപ്പോൾ ശിവൻ തെക്കോട്ട് തിരിഞ്ഞ് ദക്ഷിണാമൂർത്തിയായിട്ടിരുന്നു ഭാഗവതത്തിലും അത് വരുന്നു യോഗവേഷത്തോടുകൂടെ ഭഗവാൻ ഇരുന്നു സനകസന്നനാദികളൊക്കെ മുമ്പിൽ ഇരിക്കുന്നു ഭാഗവതത്തിൽ എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ നാരദൻ ചോദിക്കുന്നു ഭഗവാൻ ബ്രഹ്മവിദ്യ പറഞ്ഞുകൊടുക്കുന്നതായിട്ടാണ് ഭാഗവതത്തിൽ പക്ഷെ അവിടെ ദക്ഷിണാമൂർത്തിന്ന് പേര് പറഞ്ഞില്ല ദക്ഷിണാമൂർത്തിയുടെ സാധാരണ കഥ സനകസനന്ദനാദികൾ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ട് ജനിച്ചു ബ്രഹ്മാവിൽ നിന്നും തന്നെ ഈ ബ്രഹ്മവിദ്യ അറിയണം എന്നാഗ്രഹിച്ചു പക്ഷെ അവർക്ക് തൃപ്തി വന്നില്ല യാത്രയാണ് ബ്രഹ്മാവിനോട് അവർക്ക് ആദ്യം തന്നെ അകമയ്ക്ക് ഒരു കോൺസെപ്റ്റ് മുൻവിധി നമുക്ക് എന്തെങ്കിലുമൊക്കെ മുൻവിധിയുണ്ടെങ്കിൽ ഇങ്ങനെ വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണതും പറയണ ആള് പറയണതൊന്നും നമ്മൾ കേൾക്കില്ല നമ്മൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയുന്നതൊന്നും നമ്മളുടെ ഉള്ളിൽ പോകില്ല ഇവർക്ക് എന്താ മുൻവിധി എന്ന് അവരുടെ ഗുരു ബ്രഹ്മചാരിയായിരിക്കണം സന്യാസി ആയിരിക്കണം സർവസംഘപരിത്യാഗിയായിരിക്കണം എന്നൊക്കെ അവർക്ക് മുൻവിധി അതുകൊണ്ട് ബ്രഹ്മാവിനെ ഇഷ്ടപ്പെട്ടില്ല വൈകുണ്ഠത്തിൽ പോയപ്പോൾ വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടില്ല കൈലാസത്തിൽ പോയപ്പോൾ ശിവനെയും ഇഷ്ടപ്പെട്ടില്ല മൂന്നുപേരും പത്നിസമേതന്മാരായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ കൈലാസത്തു നിന്ന് അവർ തിരിച്ചു പോകുമ്പോ സതീ പാർവതീദേവി പരമേശ്വരനോട് പറഞ്ഞു അത്രേ ഭഗവാനേ ശിഷ്യൻ ഗുരുവിനെ മനസ്സിലാക്കണം എന്ന് ഗുരു ആഗ്രഹിച്ചാൽ നടക്കുകയില്ല എങ്ങനെയാണെങ്കിൽ ശിഷ്യന് തൃപ്തി വരുവോ അതുപോലെ ഒരു രൂപം ധരിച്ച് ശിഷ്യനെ അനുഗ്രഹിക്കണം അതാണോ ഗുരുവിന്റെ കാരുണ്യം അതുകൊണ്ട് അവരെ എന്തൊക്കെ കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടോ സങ്കല്പം വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് തന്നെ അവിടുന്ന് പോയി ഇരുന്നു കൊടുക്കാം അങ്ങനെ ഭഗവാൻ ഈ സനകസന്നനാദികൾ പോകുന്ന വഴിയിൽ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ പതിനാറ് വയസ്സ് യുവാവായിട്ട് ഇരുന്നു കൊടുത്തു നിന്നു കണ്ട ഉടനെ തന്നെ ഈ സനകസന്നനാദികൾക്ക് തൃപ്തി വന്നു നമ്മളുടെ ആചാര്യൻ ുള്ള കഥ ഇവര് ചെന്നിരുന്നു ചെന്നിരുന്ന ഉടനെ ചിത്രം വട്ടതറോർമൂലെ വൃദ്ധാശിഷ്യാ ഗുരുഗുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തുശയ ഗുരു മൗനത്തിലൂടെ വ്യാഖ്യാനം ചെയ്തു ശിഷ്യന്മാരുടെ സംശയങ്ങളൊക്കെ അപ്പത്തന്നെ തീർന്നു എന്നാണ് പക്ഷെ രമണ മഹർഷി അല്പം നീട്ടി പറഞ്ഞു ഈ കഥയെ ഇവര് ചെന്ന് ഏകദേശം രണ്ട് വർഷത്തോളം ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യം ചോദിക്കും ദക്ഷിണാമൂർത്തി ഉത്തരം പറയും ഇവർ അല്പം തൃപ്തിയായിട്ട് പോകും പിന്നെയും സംശയം വരും അതായത് ഈ വെർബൽ ആൻസർ ഈസ് വെരി ലിമിറ്റഡ് എന്നുള്ളത് കാണിക്കാനാണ് ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ സംശയം തീർന്ന പോലെ തോന്നും പിന്നെ ഈ തലമുടി വെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ലവണ്ണം ക്ലീർക്കണ പോലെയാണ് പിന്നെയും സംശയം വരും പിന്നെയും വന്ന് മുമ്പിൽ വന്നിരിക്കും ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഇവർക്ക് സംശയം തീരുന്നതേയില്ല അപ്പോ ഒരു ദിവസം ഭഗവാൻ മിണ്ടാതിരുന്നു എന്നാണ് മൌനത്തിന്റെ ശക്തി പ്രബലമായി കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ മിണ്ടാതിരുന്നു ഇവരും മിണ്ടിയില്ല കുറച്ചുനേരം കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങുമെന്ന് വിചാരിച്ച് കാത്തുകൊണ്ടിരുന്നവരുടെ മനസ്സടങ്ങി ചിത്തവൃത്തികൾ അടങ്ങി വ്യക്തിബോധം ഇല്ലാതായി ശരീരപ്രജ്ഞ ഇല്ലാതായി പ്രപഞ്ചം മുമ്പിൽ നിന്നും അറിഞ്ഞു ശുദ്ധപ്രജ്ഞി തെളിഞ്ഞു പ്രകാശിച്ചു സംശയങ്ങളൊക്കെ അകന്നു ഭി ഹൃദയഗ്രന്ഥി ഛിദ്ശയാത്മതത്വം അകമയ്ക്ക് പ്രകാശിച്ചു ഇങ്ങനെ നീട്ടി പറഞ്ഞപ്പോ മുരഗനാഥ് സ്വാമികൾ രമണ ഭഗവാനോട് ചോദിച്ചു ഭഗവാനേ ഇപ്പൊടി ഒരു കഥ നാങ്ങ് കേട്ടതേ കടയാതെ ഇത് എങ്കിരുക്ക് ഇങ്ങനെ ഒരു കഥ കേട്ടില്ലല്ലോ അപ്പൊ ഭഗവാൻ പറഞ്ഞു അപ്പിടി നടന്നതു മൃഗനാഥ് പരമഭക്തനായ മൃഗനാഥ് സ്വാമി പറഞ്ഞു ആമാ ആമാ ദക്ഷിണാമൂർത്തിയെ തന്നെ ചെലത് ദക്ഷിണാമൂർത്തി മൗനവ്യകട്രഹ്മത്തം യുവാനർദ്ദേവസദിഗണതം ബ്രഹ്മനിഷാരേന്ദ്രം കരകലിത ചിന്മുദ്രൂർ ആനന്ദ്രൂപ്പം സ്വാത്മാ സ്വാത്മാരാമം ഉദിതവതനം ദക്ഷിണാമൂർത്തിമീടെ മൗനത്തിലൂടെ തന്നെ പരബ്രഹ്മതത്വം വ്യാഖ്യാനം ചെയ്യാം ഒരു ശിവരാത്രി ദിവസം രമണാശ്രമത്തില് തിരുവണ്ണാമലയിൽ എല്ലാവരും ഗിരിപ്രദക്ഷിണത്തിന് പോവുകയാണ് അരുണാചലത്തിനെ പ്രദക്ഷിണം ചെയ്യാം അപ്പോ ടി കെ സുന്ദരേശ്വരയ്യർ അവിടുത്തെ ലോക്കൽ സ്കൂൾ ടീച്ചറായിരുന്നു അദ്ദേഹം പരമവൈദികൻ കാവ്യകണ്ഠ ഗണപതി മുനിയുടെ ശിഷ്യൻ സമ്പൂർണമായിട്ടും വേദഭാഷ്യത്തോട് അധ്യയനം ചെയ്ത മഹാത്മാ അദ്ദേഹത്തിന് അന്ന് ശരീരത്തിനൽപ്പസ്വാസ്ഥ്യം അപ്പൊ പ്രദക്ഷിണത്തിന് പോയില്ല മഹർഷിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഒരു മൂന്ന് നാല് പേരുണ്ടായിരുന്നു ഭഗവാനെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് അർത്ഥം പറഞ്ഞതാണ് ആ ദക്ഷിണാമൂർത്തി സ്തോത്രമാ പണ്ണിള പണ്ണലാമേ എഴുന്നേറ്റിയിരുന്നു മഹർഷി ഇവരും തയ്യാറായിട്ടിരുന്നു ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പോ ഈ ചോദ്യം ഭഗവാൻ നിശ്ചലമായിട്ടിരുന്നു മിനിറ്റുകൾ കടന്നുപോയി മണിക്കൂറുകൾ കടന്നുപോയി ചോദ്യവും ഉണ്ടായില്ല ഉത്തരവുണ്ടായില്ല സൂര്യൻ ഉദിക്കുന്നവരെ ഇവർക്ക് ആർക്കും ഒന്നും ചോദിക്കണമെന്നുമില്ല അറിയണമെന്നില്ല ഉത്തരം പറയുന്നു മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മ തത്വം ചോദ്യവും ഉത്തരവും ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും ഒന്നുമില്ല അവിടെ പക്ഷേ അതേ മഹർഷി തന്നെ തമിഴില് വളരെ പെർഫെക്റ്റ് ആയിട്ട് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് തമിഴിൽ വിവർത്തനം എന്നുവെച്ചാൽ പദ്യരൂപത്തിൽ തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട് തമിഴ് പദ്യങ്ങളായിട്ട് ഈ ശാർദൂല വിക്രീഡ ശ്ലോകങ്ങളും മുഴുവൻ തമിഴ് പദ്യങ്ങളായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഏതായാലും ദക്ഷിണാമൂർത്തിയെയും ഒരു രൂപമായിട്ടല്ല ആചാര്യസ്വാമികൾ ഈ സ്തോത്രത്തിൽ സ്തുതിച്ചിട്ടുള്ളത് ഒരു തത്വമായിട്ടാണ് ദക്ഷിണാമൂർത്തി മീടെ എന്ന് ഓരോ ശ്ലോകത്തിന്റെ അവസാനവും വരുന്നത് ഒരു പേരിന് ദക്ഷിണാമൂർത്തി രൂപത്തിലുള്ള ആ തത്വത്തിനെ നമസ്കരിക്കുന്നു എന്നാണ് ദക്ഷിണാമൂർത്തി ഏത് തത്വത്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ തത്വത്തിനെ നമസ്കരിക്കുന്നു യഥാർത്ഥത്തിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്നിതിന് പേര് പറഞ്ഞാലും ഇതൊരു സ്തോത്രമേ അല്ല അതീവ ഗഹനമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു കൃതിയാണ് ഒരുപക്ഷേ ആദിശങ്കരാചാര്യർ എഴുതിയ എല്ലാ കൃതികളിലും വെച്ച് ഏറ്റവും പ്രഫൗണ്ടായിട്ടുള്ള ഒരു കൃതി ആചാര്യസ്വാമികളുടെ ഭാഷ്യവും മറ്റു കൃതികളുമൊക്കെ ആഴമായിട്ട് ധ്യാനം ചെയ്തു ഉറപ്പിച്ച ആളുകൾക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രം നല്ലവണ്ണം തെളിവുള്ളൂ എന്നാണ് പറയാം ആചാര്യസ്വാമികളുടെ തന്നെ ശിഷ്യനായ സുരേശ്വരാചാര്യർ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന പേരില് പദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് വാർത്തികം അപ്പോ അന്ന് തന്നെ ഇതിന് എത്രകണ്ട് പ്രാബല്യം ഉണ്ടായിരുന്നു എന്നറിയാം മാനസോല്ലാസം എന്ന വാർത്തികം അന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദക്ഷിണാമൂർത്തി സ്തോത്രം ഓരോ ശ്ലോകത്തിനും ഓരോ ചാപ്റ്റർ പോലെ വെച്ചുകൊണ്ട് വാർത്തികം ദക്ഷിണാമൂർത്തി സ്തോത്ര ഭാഷ്യമായിട്ട് പലരും ചെയ്തിട്ടുണ്ട് ഇതിന് ദക്ഷിണാമൂർത്തി ഉപനിഷത്ത് എന്നും പറയും അത്രയും ഗംഭീരമായൊരു കൃതിയാണ് ഇതിന്റെ അന്തസത്ത എസൻസ് നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം തന്നെയാണ് ആത്മസാക്ഷാത്കാരം ആത്മജ്ഞാനം ആത്മവിദ്യ ആത്മവിദ്യയെ പ്രകാശിപ്പിക്കാനാണല്ലോ ഗുരു യഥാർത്ഥത്തിൽ ഗുരു ഒന്നേ ഉള്ളൂ നമുക്ക് പല ഗുരുക്കന്മാരുള്ളതായിട്ടും ഒക്കെ തോന്നുന്നു പുറമേക്ക് ഒരേ ഒരു ഗുരുവേ ഉള്ളൂ അതൊരു ഗുരുതത്വവുമാണ് അതാണ് ഭഗവാൻ ഭാഗവതത്തില് ബുദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ പറഞ്ഞു ആത്മനോ ഗുരുഹു ആത്മൈവ പുരുഷ വിശേഷത പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദ ഉദ്ധവാം പുറമേക്കൊരു ഗുരു വന്നാലും പുറമേക്കുള്ള ഗുരു എന്ത് ചെയ്യും അകമേക്കുള്ള ഗുരുവിനെ ഉണർത്തിവിടും അകമേക്കുള്ള ഗുരു വേണം ആത്മാനുഭവത്തിനെ ഉണ്ടാക്കാൻ അപ്പോ ഈ ഗുരുതത്വമാണ് ദക്ഷിണാമൂർത്തി ഗുരുവിന്റെ ആവശ്യം തന്നെ എവിടെ വരുന്നു ഒരു വിളക്കിൽ നിന്നേ മറ്റൊരു വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ വിളക്കിന്റെ ഫോട്ടോയിൽ നിന്നും കൊളുത്താൻ പറ്റില്ല വിളക്ക് വീഡിയോയിലെടുത്ത് ക്ലിയറായിട്ട് വിളക്ക് പോലെ തോന്നിയാലും അതിൽ വിളക്ക് കൊളുത്താൻ പറ്റില്ല ഒരു വിളക്ക് വാസ്തവത്തിലുള്ള വിളക്കിൽ നിന്നേ മറ്റൊരു വിളക്ക് കൊളുത്താൻ പറ്റുകയുള്ളൂ അതേപോലെ ബോധം ഉണർന്ന ഒരു സെന്റർ ഒരു കേന്ദ്രത്തിൽ നിന്നേ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഈ ബോധം പകർന്നു കിട്ടുകയുള്ളൂ ഈ അനുഭൂതി പകർന്നു കിട്ടുകയുള്ളൂ അപ്പോ ബ്രഹ്മനിഷ്ഠനായിരിക്കണം ഗുരു സ്വയമേവ ബ്രഹ്മാനുഭവം സിദ്ധിച്ചാളായിരിക്കണം ശ്രോത്രിയോ അവ്രജിനോ അകാമഹോ യോ ബ്രഹ്മവിത്തമ ബ്രഹ്മണി ഉപരത ശാന്തോ നിരീന്ധന ഇവാനലഹം അഹൈതുകദയാസിന്ധു ബന്ധുരാണമതാം സതാ ഒരു സദ്ഗുരുവിന് ലക്ഷണം പറയുമ്പോ ശ്രോത്രിയൻ ശ്രോത്രിയൻ എന്നുള്ള വാക്കിന് ഈ അറിഞ്ഞ താൻ അറിഞ്ഞതിനെ പറയാൻ അദ്ദേഹത്തിന് വാക്കുകളുണ്ടാവണം അതുകൊണ്ട് വേദാന്തം നല്ലവണ്ണം അറിഞ്ഞ ആളായിരിക്കണം ശ്രവണം ചെയ്ത ആളായിരിക്കണം ആഗ്രഹങ്ങൾ കൊണ്ട് മോട്ടിവേറ്റഡ് ആയിരിക്കരുത് ബ്രഹ്മത്തിനെ നല്ലവണ്ണം തെളിഞ്ഞ് അനുഭവിച്ച ആളായിരിക്കണം സദാ ആ അനുഭവത്തിൽ ഇരിക്കുന്ന ആളായിരിക്കണം വിറകെടുത്തുപോയാൽ അഗ്നി എങ്ങനെ അടങ്ങുമോ അതുപോലെ വാസനെ അറ്റുപോയതുകൊണ്ട് മനസ്സടങ്ങിയ ആളായിരിക്കണം നിരന്ധന ഇവാണല അഹൈതുക ദയാസിന്ധു ഒരു പ്രതീക്ഷയും എക്സ്പെക്ടേഷനും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹമില്ലാതെ കരുണ ചെയ്യുന്ന ആളായിരിക്കണം തന്നെ ആശ്രയിക്കുന്നവർക്ക് ബന്ധുവായിരിക്കണം അങ്ങനെയുള്ള ഒരു സദ്ഗുരു ഈ തത്വോപദേശം ചെയ്യുകയാണെങ്കിൽ ഈ ശിഷ്യനും അതേപോലെ പക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനമില്ല ശിഷ്യനും അതേ ദാഹത്തോടുകൂടെ ഈ സത്യം അറിയണം ലോകത്തില് എവിടെ നോക്കിയാലും ദുഃഖമുണ്ട് ശരീരത്തിൽ ദുഃഖമുണ്ട് മനസ്സിൽ ദുഃഖമുണ്ട് പ്രപഞ്ചത്തിൽ ദുഃഖമുണ്ട് ജന്മമൃത്യു ജരാവധി ദുഃഖ ദോഷാനുദർശനം ഇതൊക്കെ ഉണ്ട് ഇതുകൊണ്ടൊക്കെ ബാധിക്കപ്പെടാത്ത സത്യം എവിടെ ഉണ്ട് അതിനെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ജിജ്ഞാസ ഉള്ളവനായിരിക്കണം ആ ജിജ്ഞാസുള്ള ശിഷ്യന് ഈ തത്വം ഉപദേശിക്കുകയാണെങ്കിൽ ആ ക്ഷണം പ്രകാശിക്കും തത്വമാകട്ടെ വളരെ ലളിതമാണ് അതാണ് പറഞ്ഞു മൗനത്തിലൂടെ തന്നെ പ്രകാശിപ്പിക്കാമെങ്കിൽ പിന്നെ മുരനാഥസ്വാമികൾ ഒരിടത്ത് പറഞ്ഞു സദ്ഗുരു എങ്ങനെ ഈ തത്വത്തിനെ പ്രകാശിപ്പിക്കുന്നു ഉള്ള വസ്തുവിൽ താൻ ഇരുന്നു കൊണ്ട് കാണിക്കണമെന്നാണ് വാക്കുകൾ പറയുന്നതൊക്കെ വളരെ തുച്ഛം താൻ ആ സത്യത്തിൽ ഇരുന്നു കൊണ്ട് ഇരുന്തതൈ ഇരുന്തപടിയെ ഇരുന്ന് കാട്ടി ആ സ്ഥിതിയിൽ താനേ ഇരുന്നു കൊണ്ട് ആ ഇരിക്കുമ്പോൾ അതിനുള്ള പ്രാബല്യം അതിനുള്ള ശക്തി വളരെ ഓവർ പവറിംഗ് ആണ് ആ മൗനത്തിന്റെ ശക്തി വളരെ പ്രബലമാണ് ആ മൗനസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ദക്ഷിണാമൂർത്തി തത്വം പ്രകാശിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ മൗനം എന്ന് വെച്ചാൽ നിശ്ചലത ആ മൌനം ആത്മാവിന്റെ സ്വരൂപമാണ് ആ നിശ്ചലത ആത്മാവിന്റെ സ്വരൂപമാണ് നമ്മളുടെയൊക്കെ സ്വരൂപമാണ് നമ്മളാണത്